ജ്ഞാനം അതിന്റെ വിഷയമാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ ജ്ഞാനം വിഷയത്തെ അറിയുന്നു വിഷയത്തെ അറിയുന്നതാണ് ഞാൻ ഇതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് അപ്പോ ഇവിടെ പ്രഭാകരം പറയുന്നത് സംയത് അല്ലെങ്കിൽ ജ്ഞാനം എന്ന് തന്നെ അറിയുന്നു ജ്ഞാനം തന്നെ അറിയും തന്നെ അറിയുന്നതായത് കൊണ്ട് ഈ ജ്ഞാനം വിഷയത്തെ അറിയില്ല ഇതാണ് അദ്ദേഹത്തി തന്നെ അറിയുന്ന ജ്ഞാനം വിഷയത്തെ അറിയും അപ്പൊ പ്രകാരം പറയുന്ന എന്താണ് അങ്ങനെയല്ല എന്നാണ് വിഷയത്തെ അറിയുന്ന തെളിവ് ഒരു വിഷയത്തെ എടുക്കാനും തള്ളാനും ഒരാൾക്ക് കഴിയുന്നു മുമ്പിലിരിക്കുന്ന വസ്തുവിനെ എടുക്കാനും തള്ളാനും കഴിയുന്നു അങ്ങനെ എടുക്കുകയും തള്ളിയും ചെയ്യണമെങ്കിൽ അങ്ങനെ എടുക്കാനും തള്ളാനുമുള്ള ബോധം ഉണ്ടാകുന്നു ആ വസ്തുവിനെ സംബന്ധിച്ച് എല്ലാ എങ്ങനെ എടുക്കാനുപേക്ഷിക്കാൻ കഴിയും എന്റെ മുമ്പിലിരിക്കുന്ന മൊബൈലെനിക്ക് എടുക്കണമെങ്കിൽ എടുക്കണമെന്നുള്ള ബോധം ഉണ്ടാവും അത് ഉപേക്ഷിക്കണമെങ്കിൽ അത് ഉപേക്ഷിക്കണമെന്നുള്ള ബോധമുണ്ടാവും അപ്പോൾ ഒരു വിഷയത്തെ സംബന്ധിച്ച് രണ്ട് ബോധം ഉണ്ടാവും അപ്പോ ഇങ്ങനെ രണ്ട് ബോധം ഉണ്ടാവുന്നു എങ്ങനെ മനസിലാക്കാം കാരണം ഇതിനെ എടുക്കുകയും ചെയ്യുന്നുണ്ട് ഉപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ മൂന്ന് കാര്യങ്ങളാണല്ലോ ഒന്ന് മൊബൈലിനെ എടുക്കുക ഉപേക്ഷിക്കുക മറ്റൊന്ന് മൊബൈലിനെ എടുക്കണമെന്നും ഉപേക്ഷിക്കണമെന്നുള്ള ബോധം കാരണം ഇങ്ങനെ ബോധം ഉണ്ടാകുമ്പോഴാണ് തോൽക്കി സംഭവിക്കുന്നത് എടുക്കണമെന്നുള്ള ബോധം ഉണ്ടാകുമ്പോൾ എടുക്കണം ഉപേക്ഷിക്കണമെന്ന് പറയുന്ന ബോധം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നു ഉപേക്ഷിക്കും അപ്പോ ബോധമുണ്ടായി പ്രവൃത്തി നടക്കുന്നൊണ്ട് മനസ്സിലാക്കാം ഈ ബോധം ത്തിനു വിഷയം അർത്ഥമാണ് അല്ലെങ്കിൽ ഈ ബോധം ഉണ്ടാകത്തില്ല അപ്പോ ഹാനം ഹാനാതിബുദ്ധി ഹാനോപാദാന ബുദ്ധി ുദ്ധ കൊണ്ടാണ് ഹാനോപാദാനം എന്ന് പറയുന്ന ഈ പ്രവൃത്തികൾ നടക്കുന്നത് അത് നടക്കുന്നത് വസ്തുവിലാണ് വിഷയത്തിലാണ് അങ്ങനെ ഇത് രണ്ടും നടക്കണമെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം വിഷയത്തെ വിഷയമാക്കുന്ന ബുദ്ധി ഉണ്ടാകുന്നു അപ്പോ ഇപ്പോ പ്രഭാകരന്മാർ പറയുന്നു അത് ഞാൻ സ്വയംപ്രകാശമായിരിക്കുന്നതിനെന്താ കൊടുക്കുന്നു ഞാന് സ്വയംപ്രകാശമായിരുന്നാൽ തന്നെയും ജ്ഞാനത്തിന് അർത്ഥം വസ്തുവിഷയമാണ് അതാണ് സാധാരണ നടക്കുന്നത് ഹാനോപാദാനാദി പ്രവൃത്തി നടക്കുന്നു ആനോപാധാനാദി ബുദ്ധിയുണ്ട് ഇതിൽ നിന്നെന്ത് മനസ്സിലാക്കണം അർത്ഥ വിഷയമായി ബുദ്ധിയുണ്ട് എന്ന് വെച്ചാൽ ഇപ്പൊ പ്രഭാരം പറയുന്നെന്താണ് എടുക്കുക തള്ളുക എന്നുള്ള പ്രവൃത്തി നടക്കുന്നതുകൊണ്ട് ആ വിഷയത്തെ സംബന്ധിച്ച ബോധമുണ്ടെന്നാണ് പ്രഭാകരൻ പറയുന്നത് മനസ്സിലായത് ഒരു വിഷയത്തിൽ പ്രവൃത്തി നടക്കുന്നുവെങ്കിൽ അതിനർത്ഥം ആ വിഷയത്തിനെ ബോധം ഉണ്ടെന്നാണ് ഇതാണ് പറയുന്നത് സാറിന് പറയുന്ന കാര്യമാണോ നിങ്ങൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ എടുക്കുകയോ തള്ളുകയോ ചെയ്തർത്ഥം എന്താണ് അവിടെ അതിനെ സംബന്ധിച്ച് ബോധമുണ്ടെന്നാണ് ഞാൻ എന്തായിക്കൊള്ളട്ടെ സ്വയം പ്രകാശമോ എന്തായിക്കൊള്ളട്ടെ ഇതൊക്കെ അനുഭവത്തിലുണ്ടോ അർത്ഥ വിഷയമായിട്ടുള്ള എന്താണ് ജ്ഞാനമുണ്ട് ആ ജ്ഞാനത്തെ ഞങ്ങള് സ്വയംപ്രകാശമെന്ന് പറയുന്നു ഇത്രേയുള്ളൂ ഞാനും അറിയും പറയും അപ്പൊ ഞാന് ഞാനത്തെ അറിയുന്നു ഞാനും വിഷയത്തെ അറിയുന്നു അപ്പൊ അദ്വൈതി പറയുന്ന എന്താണ് ഞാനും ഞാനത്തെ അറിയുന്നു എന്ന് പറഞ്ഞാൽ ഞാനും വിഷയത്തെ അറിയുന്നു എന്ന് പറയാൻ പാടില്ല ഇതാണ് ഇതാണ് അദ്വൈതി പറയുന്നത് അതുമാത്രമല്ല നിങ്ങൾ പറയുന്നത് പ്രവൃത്തി നിവൃത്തി നടക്കുന്നുകൊണ്ട് ആ വിഷയത്തെ ബോധം ഉണ്ടാകുന്നു അപ്പൊ ഈ പ്രവൃത്തി നിവർത്തിയെന്നൊരു ക്രിയയാണ് അത് ജ്ഞാനമാണ് പ്രവൃത്തി എടുക്കുക തടുക എന്നൊക്കെ പറയുന്ന ക്രിയ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ബോധമുണ്ടെന്ന് പറയാൻ പറ്റും ആ വിഷയത്തിൽ ബോധമുണ്ടാവും എന്ന് പറയാൻ പറ്റില്ല പറയുന്ന പറഞ്ഞു ഒരു ജീവൻ എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നു ആത്മാവിൽ കൃതിയുള്ളതുകൊണ്ട് പ്രയത്ന ഉള്ളതുകൊണ്ട് ആത്മാവിൽ കൃതിയുണ്ടായാൽ മാത്രം പ്രവർത്തിക്കാൻ പറ്റില്ല ആത്മാവും ദേഹവുമായിട്ട് സംയോഗം പറ്റും ആത്മദേഹ സംയോഗം ഇവിടെ പറഞ്ഞ പ്രവൃത്തി നിവർത്തിക്കിയ സമം പ്രവൃത്തി നിവൃത്തി ബുദ്ധിയല്ല പ്രവൃത്തി നിവർത്തിക്കിയ സമവും കൂടെ പറയണേ ദേഹാത്മ സംയോഗം ദേഹാത്മ സംയോഗം കൊണ്ട് വസ്തുക്കൾ പ്രവർത്തിക്കും അപ്പോ ഇവിടെ എന്താണ് ഇത് ജഡമാണ് ഈ കാര്യങ്ങളെല്ലാം ദേഹാത്മസമീപം വരുന്ന ഒരാൾ പ്രവർത്തിക്കുന്നു അപ്പോ ദേഹാത്മസമീയം കൊണ്ട് പ്രവർത്തിച്ചാൽ അങ്ങനെ പ്രവർത്തിക്കുന്നതുകൊണ്ട് ദേഹാത്മസമീപം കൊണ്ട് ആ വസ്തുക്കൾ ഞാനും ഉണ്ടാകുമോ എന്നാണ് ചോദിക്കുന്നത് ദേഹാത്മസമയം കൊണ്ട് ആ വസ്തുവിനെ കുറിച്ചുള്ള ഞാനുണ്ടാവും കാരണം ഞാനുണ്ടാവണം എന്തു ചെയ്യണം ഇന്ദ്രിയാർത്ഥ സന്നിവേഷം ഉണ്ടാവണം ആത്മമനസമയവും ഉണ്ടാവണം അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവണം എന്നാലും ഞാനുണ്ടാകട്ട ദേഹാത്മസമയം ഉണ്ടായി ഒരു വസ്തുവിൽ പ്രവർത്തിച്ചതെന്ന് പറഞ്ഞ് ഞാനുണ്ടാകത്ത എന്തുകൊണ്ടുണ്ടാവുന്നില്ല ദേഹാത്മസ്മയവും ജഡമാണ് അതുപോലെ പ്രവൃത്തിയും നിവൃത്തി എന്ന് പറയുന്നത് എന്താണ് ജഡമാണ് അതുകൊണ്ട് വസ്തുവിഷയ ബോധമുണ്ടാവും അങ്ങനെ പറയാൻ പറ്റും പ്രഭാവരം പറയുന്നത് ഈ പറയുന്ന അദ്വൈതിയുടെ ചോദ്യമായിട്ട് വലിയ നേരിട്ട് ബന്ധമൊന്നുമില്ല പ്രഭാവരം പറയുന്നത് വേറെ കാര്യമാണ് അദ്വൈതി പറയുന്നത് വേറൊരു കാര്യമാണ് ഒരു തർക്കം ഉന്നയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇത് ശരിയാണ് ത്മസംയോഗം കൊണ്ട് വസു പ്രവർത്തിക്കും അതുകൊണ്ട് അവിടെ ജ്ഞാനം ഉണ്ടാകത്തില്ല ശരിയാണ് അതുകൊണ്ട് ജ്ഞാനം സ്വയംപ്രകാശമാണ് വിഷയത്തിൽ പ്രവർത്തിക്കില്ല എന്നിങ്ങനെ പറയാൻ പറ്റും രണ്ടും തമ്മിൽ ബന്ധമൊന്നുമില്ല പിന്നെ ദേഹാത്മസംയോഗമുണ്ടായി വസ്തുവിൽ പ്രവർത്തിക്കുന്നെങ്കിലും അവിടെ ജ്ഞാനം വേണം വസ്തുവിൻ്റെ ജ്ഞാനമില്ലാതെങ്കിലും പ്രവർത്തിക്കും അതിന് കാരണങ്ങൾ വേറെ തന്നെയുള്ളു പക്ഷെ അവിടെ ഞാനും ഉണ്ടായാലും എന്തു ചെയ്യാൻ പറ്റും പ്രവർത്തിക്കുന്നവൃത്തി നടക്കും അതുകൊണ്ട് ഈ പറയുന്നത് ഒരു യോജിക്കുന്ന കാര്യമൊന്നുമല്ല നേരായ രീതിയിൽ പ്രഭാകരന്റെ സിദ്ധാന്തത്തെ കണ്ണിക്കാൻ ഒക്കത്ത എന്നാണ് ഇതിന് മനസ്സിലാക്കേണ്ടത് രണ്ടുമൊരു ബന്ധമുള്ള കാര്യങ്ങളാണ് പ്രഭാരം പറയുന്നില്ല എന്താണ് പ്രവൃത്തിയും നിവൃത്തിയും നടക്കുന്നു ആ പ്രവൃത്തി നിവൃത്തി കൊണ്ട് ജ്ഞാനം ഉണ്ടാകുന്നല്ല പ്രഭാരം പറയുന്നു പ്രഭാരം പറയുന്നെന്താണ് അങ്ങനെ അർത്ഥവിഷയാനുണ്ടാകില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രകാരം പറയുന്ന എന്തുകൊണ്ടുണ്ടാകത്തില്ല അർത്ഥവിഷയൽ ജ്ഞാനം ഉള്ളതുകൊണ്ടാണ് പ്രവൃത്തിയും നിവൃത്തി സംഭവിക്കുന്നത് മറിച്ച് അർത്ഥവിഷയൊക്കെ പ്രവൃത്തിയും നിവൃത്തിയും കൊണ്ട് ജ്ഞാനം ഉണ്ടാവും എന്നുള്ള പ്രഭാവം പറയുന്നു പ്രവൃത്തി നിവൃത്തി എന്ന് പറയുന്നത് ജഡമാണ് അതിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകും എന്നുള്ള പ്രഭാരം പറയുന്നത് പ്രഭിച്ചാ പറയുന്നത് എങ്ങനെ ജ്ഞാനം ഉണ്ടായതുകൊണ്ടാണ് പ്രവൃത്തിയും നിവൃത്തിയും സംഭവിക്കുന്നത് ആണ് പക്ഷമായിട്ട് പറയുന്നത് എന്താണ് അർത്ഥ വിഷയമായിട്ട് ഞാനും ഉണ്ടാകുന്നു പ്രവൃത്തി നിവൃത്തി ഞാനും ഉണ്ടാകുന്നു പ്രവർത്തിക്കുന്നു അവിടെ ഞാനും കൊണ്ടാണ് പ്രവൃത്തി ഇതാ പറയുന്നു പ്രവൃത്തി നടക്കുന്നതുകൊണ്ട് നിങ്ങൾ അനുമാനിക്കണം ഇവിടെ പ്രവൃത്തി നടക്കുന്നുണ്ടെങ്കിൽ അർത്ഥവിഷയമായ ജ്ഞാനം ഉണ്ട് പിന്നെ അതിനെ ഈ അദ്വൈതി പറയുന്നത് കൊണ്ട് നിഷേധിക്കാം നമുക്ക് അത്വീണ്ടും നിഷേധം ബലവത്തില്ല അദ്വിതീ എന്താ പറയുന്നത് ജഡത്തിൽ നിന്നും ഞാനോണ്ടാവില്ലെന്നാണ് ജഡത്തിൽ നിന്ന് ഞാനോണ്ടാകുന്നു എന്താണ് പ്രഭാര അതല്ല പറയുന്ന ആ വിഷയമല്ല പറയുന്നത് ജഡത്തിൽ നിന്ന് ഞാനോണ്ടാകുമോ എനി അതല്ല പറയുന്നു അർദ്ധവിഷയമായ ഞാനോണ്ടാകാം ഞാനും സ്വയംപ്രകാശമാണ് അത് എങ്ങനെ മനസ്സിലാക്കുന്നു പറയുന്നു പ്രവൃത്തി നിവൃത്തിയും കൊണ്ട് അന്ന് അനുമാനിക്കാം എന്താണ് അടുത്ത വിഷയമായാൽ ഞാനുണ്ടാകുന്നു അല്ലാതെ അതുകൊണ്ട് ഞാനുണ്ടാവും എന്നല്ല പറയുന്നു മറിച്ച് ഞാനും ഉള്ളത് കൊണ്ടാണ് പ്രവൃത്തി നിവൃത്തി സംഭവിക്കുന്ന അപ്പത് പ്രഭാകരന്റെ സിദ്ധാന്തത്തെ ഖണ്ഡിക്കുന്നതിന് ഈ പറഞ്ഞ മറുപടി അതുകൊണ്ടാണ് അടുത്ത് പറയുന്നത് എന്താണ് ഒരു മിന്നാമിന് സ്വയം പ്രകാശിക്കുന്നു ഇരുട്ടത്തെ ആകാശത്ത് നോക്കിയാൽ പ്രകാശം പോകുന്നതേ കാണും മിന്നാമിനുങ്ങിനെ കാണത്തില്ല എന്നുവെച്ചാൽ അവിടെ അർത്ഥപ്രകാശമില്ല സ്വയം പ്രകാശിക്കുന്നത് അതിനെ പ്രകാശിപ്പിക്കൂ അർത്ഥത്തെ പ്രകാശിപ്പിക്കില്ലെന്ന് പറയുന്നതിനൊരു ഉദാഹരണം കൊടുത്താണ് അദ്ദേഹം ഈ ഉദാഹരണം ശരിയല്ല എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് കാരണം സ്വയം പ്രകാശിക്കുന്ന ഒരു വസ്തുവും അർത്ഥത്തെ പ്രകാശിപ്പിക്കാന്ന് തുടങ്ങുന്ന ഉദാഹരണം വേറെ കിട്ടും മനസ്സിലാകും അപ്പോ പ്രകാരം പറയുന്നത് എന്താണ് ആകാശം ആത്മാവ് ആത്മാവിനെയും പ്രകാശിപ്പിക്കുന്നു അർത്ഥത്തെയും പ്രകാശിപ്പിക്കുന്നു ഞാനും അതാവിനേയും പ്രകാശിപ്പിക്കുന്നു അതാണ് ത്രിപുടി അതിന് ഉദാഹരണം പറയാം ആദിത്യൻ ആദിത്യനെ പ്രകാശിപ്പിക്കുന്ന എന്താണ് അതുതന്നെയാണ് അത് നിക്കുന്ന എവിടെ ആദിത്യം എവിടെ നയിക്കുന്നു ആകാശത്തെ അത് പ്രകാശിപ്പിക്കുന്നു ആദിത്യം എവിടെയാക്കുന്നത് ആകാശത്തിൽ അത് ആകാശത്ത് പ്രകാശിപ്പിക്കുന്നു പ്രകാശമില്ലാത്ത ആകാശത്തെ പ്രകാശിപ്പിക്കുന്നു അതുപോലെ സംയത് എവിടെ നയിക്കുന്നു സംയത് എവിടെക്കുന്നു സംയത്വം എന്ന് പറയുന്ന ആത്മാവിനും ആത്മാവിനെ ആശ്രയിച്ചിരിക്കുന്ന ആത്മാവ് പ്രകാശിക്കുന്നതല്ല ആദിത്യം എങ്ങനെയാണോ ആകാശത്തെ ആശ്രയിച്ചിരുന്ന ആകാശത്തെ പ്രകാശിപ്പിക്കുന്നത് പ്രകാശമില്ലാത്ത ആകാശത്തെ അതുപോലെ ഇതെന്ത് ചെയ്യുന്നു ആദിത്യൻ ആകാശത്തെ ആശ്രയിച്ചിരുന്നിട്ട് പ്രകാശമില്ലാത്ത ആകാശത്തെ പ്രകാശിപ്പിക്കുന്നു പിന്നെ അതേ ആദിത്യം തന്നെ എന്തു ചെയ്യുന്നു മറ്റുള്ള എല്ലാ വസ്തുക്കളെയും പ്രകാശിപ്പിക്കുന്നു അപ്പം ആദിത്യനിലത്തെ കുടിയുണ്ട് ഒന്നെന്താണ് അത് സ്വയം പ്രകാശിക്കുന്നു മറ്റൊന്നെന്ത് ചെയ്യുന്നു അതിന്റെ ആശ്രയമായിരിക്കുന്ന കാശ പ്രകാശിപ്പിക്കുന്നു മറ്റൊന്നെന്ത് ചെയ്യുന്നു അത് അർത്ഥങ്ങൾ പ്രകാശിപ്പിക്കുന്നു അപ്പൊ ഈ ഉദാഹരണം അടുത്ത അപ്പോ എന്താണ് ഇരുട്ടത്തെ ഈ പറയുന്ന മിനാമിനിങ്ങിനെ എടുത്തിട്ട് ഫയർ എന്ന് പറയുന്നു അതിനെ എടുത്തിട്ട് പ്രഭാകരന്റെ സ്വയംപ്രകാശത്ത് നിഷേധിച്ചു കഴിഞ്ഞാൽ പ്രഭാകരന് ആദ്യത്തെ എടുത്തിട്ട് സമർത്ഥിക്കാം മനസ്സിലായുവെച്ചാ ഈ തർക്കത്തിലൂടെ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുന്നിടത്തെല്ലാം ഇങ്ങനൊരു ദോഷം കൂടെ വരും ഏത് സിദ്ധാന്തം ഉണ്ടായെന്ന് ഒരാൾ കണ്ടിക്കാൻ പോയത് കാരണം ഒരു ഉദാഹരണം എടുത്തിട്ട് അത് ശരിയില്ലെന്ന് പറഞ്ഞാൽ പറയാൻ വേണ്ടി വേറൊരുദാഹരണം കാണും അതുകൊണ്ട് മിന്നാമിനിങ്ങിന്റെ പ്രകാശത്തിൽ മിന്നാമിനിങ്ങിനെ കാണാൻ പറ്റിയില്ല അതുകൊണ്ട് സംയുത് പ്രകാശത്തിൽ അർത്ഥത്തെ അറിയാൻ പറ്റില്ല എന്ന് പറയുന്നതിനൊരു അർത്ഥവും അതാരും പറഞ്ഞാലോ ദ്വീതി പറഞ്ഞാലും ശരി പ്രഭാകരം പറഞ്ഞാലും ശരി ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ എടുത്തു വച്ചിട്ട് ആരുടെയെങ്കിലും സിദ്ധാന്തത്തെ ഖണ്ക്കാൻ പോയാൽ വേറൊരു ഉദാഹരണം കൊണ്ടുവന്ന് അവർക്ക് അതിനെ സമർപ്പിക്കും എന്തുകൊണ്ട് ഇതൊക്കെ നമ്മുടെ അനുഭവത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ് സംയുക്ത അനുഭവത്തിൽപ്പെടുന്നതാണ് അർത്ഥം അനുഭവത്തിൽപ്പെടുന്നതാണ് സംയുത അനുഭവം അനുഭവപ്പെടുന്ന മൂന്ന് കാര്യങ്ങൾ പിന്നെ ആത്മാവെന്ന് പറയുന്ന ഒരു കാര്യത്തിലേ ഉള്ളൂ തർക്കം ബാക്കിയെല്ലാം നമ്മുടെ അനുഭൂതിപ്പെടുന്ന കാര്യമാണ് അതിനെത്ര ഉദാഹരണം വേണമെങ്കിലും കിട്ടും അതുകൊണ്ട് ഇത് പൊതുവേ പഴയ തർക്ക ചിന്തകൾക്ക് വരുന്ന ഒരു ദോഷമാണ് അതുകൊണ്ടാണ് പറയുന്നത് എന്ത് വേണം ഇത്തരം കാര്യങ്ങളെ തെളിയിക്കണമെങ്കിൽ എന്ത് വേണം എന്താ വേണ്ട എന്താ വേണ്ട നിങ്ങളിവിടെ എന്നിട്ടും യാതൊരു പ്രയോജന ഈ മേസിയും കസേര ഇരിക്കും പോലെ ഇത്തരം കാര്യങ്ങൾ എന്താണ് അതിനെ യഥാർത്ഥമായി തെളിയിക്കണമെങ്കിൽ അതിന് തെളിവ് വേണം ഉദാഹരണമെന്ന് പറയുന്നത് തെളിവല്ല അത് പറഞ്ഞില്ലേ ഒരാളൊരു ഉദാഹരണം എടുത്ത വേറെക്ക് വേറെ ഉദാഹരണം എടുക്കാം ഓർമ്മകളും ഉദാഹരണങ്ങളും ഒന്നും വെച്ച് ഭൗതികമായ യാഥാർത്ഥ്യങ്ങളെ തെളിയിക്കാൻ പറ്റത്തില്ല ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നെന്താണ് സംവിത്ത് ബോധം ഇതൊരു യാഥാർത്ഥ്യമാണോ എല്ലാവരുടെയും ഇരിക്കുന്ന കാര്യമാണ് മറ്റൊന്നെന്താണ് വസ്തുക്കൾ മൂന്നാമതെന്താണ് ആ ബോധം കൊണ്ട് വസ്തുവിനെ അറിയുന്നു ഈ മൂന്ന് കാര്യങ്ങളും ഭൗതികമായ യാഥാർത്ഥ്യങ്ങളാണ് ഇതിനെ സംബന്ധിച്ചൊരു സിദ്ധാന്തം ഉണ്ടാക്കുമ്പോൾ ആ സിദ്ധാന്തത്തിന് എന്താണ് ആവശ്യം എന്താണ് സിദ്ധാന്തത്തിന് വേണ്ടത് തെളിവ് വേണം ഭൗതിക യാഥാർത്ഥ്യങ്ങളെ തെളിയിക്കണമെങ്കിൽ എന്ത് വേണം തെളിവ് വേണം ഒരു സിദ്ധാന്തം നമ്മൾ ഉണ്ടാക്കണം ഇതുപോലെ ഇപ്പൊ പറയുന്ന പോലെ ഈ പണ്ഡിതം പറയും പോലെ പറയണെന്താണ് തെളിവാണ് വേണ്ടത് പക്ഷെ ഞങ്ങൾക്കില്ല എന്ന് വന്നാൽ എന്തു വേണം എന്തുവേണം പണ്ഡിതൻ എന്തു പറയും തെളിവാണ് വേണ്ടത് സംബന്ധിച്ചല്ലോ പക്ഷെ തെളിവില്ല തെളിവില്ലെങ്കിൽ എന്തു പറയും എന്തു പറയണം ഏ തെളിവില്ലെങ്കിൽ നമ്മൾ പറയണം നമുക്ക് അറിയത്തില്ല എന്ന് അതാണ് മാന്യത മനസ്സിലായ മനസ്സിലായ തെളിവില്ല ഞാൻ പറയരുതായിരിക്കുന്ന സ്വാമി ഒരു ഭയങ്കര കള്ളനാണ് ഒരുപാട് മോഷണം നടത്തിയ ആളാണ് എന്ന് ഞാൻ പറയണെങ്കിൽ എനിക്കെന്ത് വേണം വേറെ ആരെങ്കിലും എന്നോട് പറയണോ ഒരുപാട് മോഷിച്ച ആളാണെന്ന് പറഞ്ഞാൽ എൻ്റെ ഇത് തെളിവില്ല അതുകൊണ്ട് ഞാൻ എന്ത് പറയും എനിക്കറിയില്ല ഇതല്ലേ എനിക്ക് പറയാൻ പറ്റും അപ്പം ഈ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെയാണെങ്കിൽ ഇത്തരം ഭൗതികമായ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുമ്പോഴും നമുക്കെന്ത് വേണം തെളിവ് വേണം ഇല്ലെങ്കിൽ അറിയില്ല രണ്ട് രണ്ട് വഴിയേ ഉള്ളൂ ഒന്നുകിൽ തെളിവ് അല്ലെങ്കിൽ അല്ല നമ്മള് സിദ്ധാന്തങ്ങളിങ്ങനെ പൊക്കി കെട്ടിപ്പൊക്കി കൊണ്ടുപോയി കഴിഞ്ഞ അത് ഈ പിള്ളേര് കടപ്പുറത്തിരുന്ന് മണലുകൊണ്ട് കൊട്ടാരം കിട്ടും പോലെ ഉള്ളു താഴെ തട്ടുകൊടുത്തുകഴിഞ്ഞാ എന്ത് ചെയ്യും എന്താണ് അപ്പോ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം വളരെ ആർജവമുള്ള ഒരു നിലപാട് എടുക്കുന്നു എന്താണ് അറിയില്ല അറിയില്ലെന്ന് പറയുന്നത് എന്താ കുഴപ്പം എനിക്കറിയില്ല അറിയില്ല എന്ന് പറയുന്നത് നാണക്കേടാണ് അത് പറയാനുള്ള നില ഒരു ആർജവ ബുദ്ധി വേണം പിന്നെ ഇനിയിപ്പീ സ്വാമി പറഞ്ഞൊരു കാര്യം എന്താണ് രണ്ട് രണ്ട് മറുപടി പറഞ്ഞതിന്റെ എന്റെ ചോദ്യത്തിന് എന്തൊക്കെയായിരുന്നു രണ്ട് മറുപടികൾ ഒന്നനുഭവം തെളിവൊന്നുമില്ല പക്ഷെ എന്റെ അനുഭവമാണെന്ന് പറയുന്നു ഇപ്പൊ പറഞ്ഞു സാ ഞാൻ പറയുന്ന സിദ്ധാന്തം എന്റെ അനുഭവമാണ് അങ്ങനൊരു എന്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടല്ല എന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ആ അനുഭവം എനിക്കുണ്ടെങ്കിൽ എനിക്കത് അംഗീകരിക്കാൻ പറ്റും അതായത് ഇപ്പം എൻ്റെ മുമ്പേ ഇരിക്കുന്ന ഈ ഗ്ലാസ് ആണ് ഞാൻ ചോദിക്കുന്നു സ്വാമിയുടെ അത് എന്താണ് ഇതെന്താണ് ഗ്ലാസ് ആണ് എന്തുകൊണ്ട് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ എന്റെ അനുഭവമാണ് എനിക്ക് അനുഭവമുണ്ട് ചോദിക്കാം ശരി സ്വാമിയുടെ അനുഭവമാണ് മനസ്സിലായത് ഇതിവിടെ മുൻപ് വെച്ചിട്ട് ഞാൻ സ്വാമിയുടെ ഇതെന്താണ് സ്വാമി പറയുന്നത് കോട്ടത്തെ ഏ കോട്ടത്തെ എങ്ങനെയാണ് എന്തുകൊണ്ട് എന്റെ അനുഭവമാണ് പറഞ്ഞാൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റുമോ പറ്റില്ല ഇല്ലെങ്കിപ്പോ സ്വാമി പറയണം അതിന്റെ കാര്യം വിടുക ഈ മേശയുടെ പുറത്ത് ഒരു ഈനാം പേച്ചി ഇരിപ്പുണ്ട് എന്നോട് പറയണം ഒരു ഈനാം പേച്ചി ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ ചോദിച്ചു അതങ്ങനെ എന്റെ അനുഭവമാണ് ഞാൻ കാണുന്നുണ്ട് അതിന് കൊമ്പുണ്ട് വാരുണ്ട് കാലുണ്ട് വായിലൊക്കെ രക്തമുണ്ട് പറക്കുന്നുണ്ട് എല്ലാം ഞാൻ കാണുന്നുണ്ട് എന്തുകൊണ്ട് സ്വാമി എന്തുകൊണ്ട് പറയുന്നു എന്റെ അനുഭവമാണ് എനിക്ക് അംഗീകരിക്കാൻ പറ്റും എനിക്ക് അംഗീകരിക്കാൻ പറ്റുമോ അത് അപ്പൊ അനുഭവം എന്ന് പറഞ്ഞാലും കാര്യമില്ല രണ്ടു കൂട്ടർക്കും ബോധ്യമുള്ള അനുഭവം പറയണം പിന്നെ മൂന്നാമതൊരുത്തരം കൂടെ സ്വാമി പറഞ്ഞു എന്താണ് വിശ്വാസം പറയണ ഇത് എന്റെ വിശ്വാസാണെന്ന് പറഞ്ഞാൽ സമ്മതിച്ചാ ഞാൻ ചോദ്യം ഒരു മനുഷ്യന് എന്ത് വിശ്വസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ആ എന്താ വിശ്വാസം ഞാൻ സമ്മതിച്ചു എന്റെ അല്ലെങ്കിൽ ഞാൻ പറയാം ഞാനോ അങ്ങനെ വിശ്വസിക്കുന്നു ഈ പറയാം ഒന്നിനു സ്വാമിയോട് ചേരാം അല്ലെങ്കിൽ ഞാൻ എന്തു പറയും സ്വാമിയുടെ വിശ്വാസം സ്വാമിയുടെ കൈക്കിട്ട് എന്റെ വിശ്വാസം എന്റെ കയ്യിരിക്കട്ടെ മനസിലായ പക്ഷെ ഒരു കാര്യം നമുക്കൊരു കാര്യം വേറൊരാളെ വ്യക്തമായി ബോധ്യപ്പെടുത്തണമെങ്കിൽ ആ ആ അറിവ് വേണം പക്ഷെ അത് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് യുക്തി കൊണ്ട് ബോധ്യപ്പെടുത്താൻ പറ്റും മനസിലായ രണ്ടു കൂട്ടർക്കും ബോധ്യപ്പെടുന്ന യുക്തിയാണെങ്കിൽ യുക്തി കൊണ്ട് ബോധ്യപ്പെടുത്താൻ പറ്റും പക്ഷെ ചില കാര്യങ്ങൾ എന്താണ് യുക്തിയോട്ട് ബോധ്യപ്പെടുത്താൻ പറ്റില്ല അവിടെ എന്ത് വേണം തെളിവ് വേണം കാരണം ചിലപ്പോൾ നമ്മൾ യുക്തി കൊണ്ട് ബോധ്യപ്പെടുത്താൻ പോയാൽ എന്തെയും അങ്ങോട്ടും ഇങ്ങോട്ടും യുക്തിയെ യുക്തി കൊണ്ട് ഖണ്ണിച്ചുകൊണ്ടിരിക്കും ഞാൻ പറയുന്നതിനൊക്കെ സ്വാമി തർക്കുത്തരം പറയും സ്വാമി പറയുന്നതിനൊക്കെ ഞാനും എന്തു ചെയ്യും തർക്കുത്തരം പറയും എന്തിനോട് ചോട്ട് കണ്ണിച്ചോണ്ടിരിക്കും തൃപ്തി കൊണ്ട് തീരുമാനിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള പിന്നെ എന്താ വഴി തെളിവ് ഹാജരാക്കണം നമുക്ക് രണ്ടുപേർക്ക് യുക്തി യോജിക്കാൻ പറ്റുമെങ്കിൽ ഓക്കെ നമ്മൾ രണ്ടുപേരും അംഗീകരിക്കും ശരി ഇതാണ് നമ്മുടെ അറിവ് ഇതാണ് നമ്മുടെ അറിവ് ഇങ്ങനെ ഈ വിഷയത്തിൽ പല നിലപാടുകളുണ്ട് മനസ്സിലാവും ഇത് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ പൊതുവായി അറിഞ്ഞിരിക്കും ശാസ്ത്രങ്ങൾ പഠിച്ചാലും ശരി സയൻസ് പഠിച്ചാലും ശരി ലോകത്ത് കിടക്കുന്ന കാര്യങ്ങളായാലും ശരി ഇതൊക്കെ അടിസ്ഥാനപരമായി പൊതുവായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് എന്നാലേ നമുക്ക് ഒരു ഒരു ഒരു വിഷയത്തെ കുറിച്ച് ഒരു വസ്തുവിനെ കുറിച്ചുള്ള ശരിയായ ധാരണ ഉണ്ടാവും മനസ്സിലാവും ശരിയായ ധാരണ അതിനു ചോദിച്ച നമ്മളെല്ലാം അറിയുന്നു എന്നല്ല നമുക്കറിയാവുന്ന കാര്യങ്ങൾ കാണും നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ കാണും നമുക്കറിയാൻ കഴിയാത്ത കാര്യങ്ങൾ കാണും എല്ലാം കാണും അപ്പോൾ ഒരു കാര്യങ്ങളുടെ ഒരു ധാരണയിൽ മുമ്പോട്ട് പോകണമെങ്കിൽ ഈ പറഞ്ഞ ബോധമുണ്ടായിരിക്കും മനസ്സിലാക്കുക ഇത് അടിസ്ഥാനപരമായിപ്പോഴും ധരിച്ചു വയ്ക്കേണ്ട കാര്യങ്ങളാണ് ഇത് ഉള്ളിലിരിക്കുകയാണെങ്കിൽ ബാക്കി ഏത് വിഷയങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടാലും നമുക്ക് എന്താണോ നമുക്കതിന് വ്യക്തത വരും ഇല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ വാട്സാപ്പ് ദുരുക്കന്മാർ പറയുന്ന കേട്ടിട്ട് എന്തു ചെയ്യും നമ്മുടെ സ്വന്തം രോഗത്തിന് പോലും ചികിത്സിക്കും അപകടമായിട്ട് ശരി ഇത്രയും മതി